ഭൂമിയിലുള്ളവയെല്ലാം അള്ളാഹുസുബഹാനഹൂവറ്റ ആല നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നതായും അവൻറെ കൽപ്പനയാൽ കപ്പലുകൾ കടലിലൂടെ സഞ്ചരിക്കുന്നതായും അവൻറെ അനുമതിയല്ലാതെ ആകാശം ഭൂമിയിലേക്ക് പതിക്കാതെ അവൻ താങ്ങി നിർത്തുന്നതായും നീ കണ്ടില്ലേ തീർച്ചയായും അള്ളാഹുസുബഹാനഹൂവറ്റ ആല മനുഷ്യരോട് ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാണ്